സച്ചിദാനന്ദ വിശ്വത്പതിഹേതേ താപത്രയവിനീകൃഷ്ണ വയം നമു വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനശായ ഗോവിന്യ സാത്വസ്മിൻ പരമപ്രേമരൂപ ഭക്തിയെ കുറിച്ച് ശ്രീനാരദ മഹർഷി നിർവചിക്കുന്നത് അങ്ങനെയാണ് അസ്വിന് പരമപ്രേമരൂപ ഭക്തി പരമമായ പ്രിയം ഭഗവാനോടാവുമ്പോ അതിന് ഭക്തി എന്ന് പേര് അതേ പ്രിയം ലോകവിഷയങ്ങളോടാവുമ്പോ ആസക്തി എന്ന് പേര് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭക്തിക്ക് ആസക്തി എന്ന് തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ മനുഷ്യന് ഭക്തി അറിയില്ല ആസക്തി അറിയാം ഭക്തി എന്ന് നമ്മൾ പറയണോ ഭക്തൻ എന്നൊക്കെ അഭിമാനിക്കാം എന്നല്ലാതെ ഭക്തി എന്താണെന്ന് അറിയില്ല ലോക സാമാന്യമായി വികാരം എന്ന് വേണമെങ്കിൽ പേര് പറയാം എന്നല്ലാതെ ഭക്തി എന്ന് പേര് പറയാൻ വയ്യ പക്ഷെ ആസക്തി എല്ലാവർക്കും അറിയാം മക്കളോടുള്ള ആസക്തി ഭാര്യയോടുള്ള ആസക്തി ഭർത്താവിനോടുള്ള ആസക്തി സമ്പത്തിനോടുള്ള ആസക്തി ജീവിതത്തിനോടുള്ള ആസക്തി അതേമാതിരി ഒരു പ്രബലമായ ഒരു ഭാവം ആത്മാവിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് ഭക്തി എന്ന് പേര് മയ ആസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാസി തത് ശൃു ഭഗവത്ഗീതയില് ഭഗവാൻ മൈ ആസക്തമനാഹ എന്ന് പറഞ്ഞു എന്നിൽ ആസക്തിയോടുകൂടെ യോഗാനുഷ്ഠാനം ചെയ്യുകയാണെങ്കിൽ എന്നെ പ്രാപിക്കും സമഗ്രം മാം പ്രാപ്സേസി സമഗ്രമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഭഗവത് പ്രാപ്തി അൽപ്പാൽപ്പവുമായിട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ വല്ലതും ഭഗവത് പ്രാപ്തിക്ക് അല്പം പൂർണ്ണം എന്ന് വ്യത്യാസമുണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട് പലവിധ ദർശനങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങള് ഇതൊക്കെ വന്നിട്ട് പോവും ഇതൊക്കെ സമഗ്രമല്ല എന്നോ ഒരു ദിവസം എനിക്ക് ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് പോയി സമഗ്രമല്ല അതേപോലെ എന്തോ ഒരു കഷ്ടം വന്നപ്പോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വന്നിട്ട് പോയി അത് സമഗ്രമല്ല അത് അനുഗ്രഹം ഓർമ്മയിൽ മാത്രം നിൽക്കണു സമഗ്രമായ ഭഗവത് അനുഭൂതി എന്ന് വെച്ചാൽ ഒരിക്കലും ഭഗവാനെ വിട്ട് പിരിയാവാതെ अनुपद अनुक्षण ईश्वर सानिध्यम अभविक अ शरणागति भक्त ने शरणागति भक्तने भगवान साध्य <coughs> भागवत अगेग्रह भगवाद महाबल् सर्वस्वतगन महाबली भगवां पर या രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ തദാ സദാ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ രക്ഷിക്കും ഞാൻ കൂടെ ഇരിക്കുന്നത് താൻ കാണുകയും ചെയ്യും എന്നാണ് അങ്ങനെയൊരു അനുഗ്രഹം മഹാബലിക്ക് ഭഗവാൻ കൊടുത്തു സദാ കൂടെയിരിക്കണം അനുഭൂതി വിട്ടുപിരിയാത്ത ഭക്തി പരാഭക്തി അപ്പോ അത്തരത്തിലൊരു ഭക്തി അത്തരത്തിലൊരു ഭക്തി പരാപ്രേമം പരാഭക്തി കാമ്യഭക്തിയല്ല എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭക്തിയല്ല അല്പസ്വല്പം ദർശനങ്ങൾ ഏർപ്പെടുന്നത് തൃപ്തിപ്പെടുന്ന ഭക്തിയല്ല അതിനൊക്കെ അപ്പുറമുള്ള ഭക്തി പ്രേമപ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര എന്ന് പറഞ്ഞു പ്രേമപ്രൗഢി രസാർദ്രത പ്രൗഢമായ പ്രേമം പ്രൗഢമായ പ്രേമം ആ പ്രേമരസം അനുഭവിച്ച് ആർദ്രത ഹൃദയം ദ്രവിക്കുന്നു ആർദ്രമായ പ്രേമാനുഭവം ഇത് ഭക്തിയുടെ പരമകാഷ്ടയായി നാരദ മഹർഷി തന്നെ പറയുന്നു അങ്ങനെയുള്ള ഭക്തി കിട്ടണം ആ ഭക്തിക്കുള്ള പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ദശകം ഭക്തി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഭഗവാനാണ് ഭഗവാനെ ഭക്തി തരൂ മുക്തി ദാതികർഹിച്ചി നതു ഭക്തിയോഗം എന്ന് ഭാഗവതം ഋഷഭയോഗീശ്വര കഥ പറയുമ്പോൾ പറഞ്ഞു മുക്തിയെ പോലും കൊടുത്തു കളയും ചിലപ്പോൾ ഭക്തിയെ കൊടുക്കില്ല എന്ന് മുക്തി എന്ന് വെച്ചാൽ തത്വജ്ഞാനം തത്വജ്ഞാനം ഏർപ്പെട്ടാൽ മുക്തനായി പക്ഷേ ഭക്തി എന്ന് വെച്ചാലോ സതതമായ ആനന്ദാനുഭവം निर भगवा अभूति अब्रह्माुभ इवे पराभक्ति मुक्ति एत मुक्ति वह तत्वज्ञान पराभक्ति वह जीवन मुक्ति तत्वज्ञानो सदा ब्रह्माुभ मुक्ति ब्रह्मानुभवी ब्रह्मानु स्वस्वरूपानुसंधान भक्तिरिभिधीये आचार्य स्वामी भक्ति निर्वचितु ആത്മാവിനെ നിരന്തര അനുസന്ധാനം ചെയ്യണതാണ് ഭക്തി എന്ന് പറഞ്ഞു ആത്മാവിനെ അറിയുന്നത് തത്വജ്ഞാനം ആത്മാവിനെ നിരന്തരം അനുഭവിക്കുന്നത് ജീവൻമുക്തി തത്വജ്ഞാനികൾ അറിഞ്ഞു പക്ഷെ വിട്ടുപോകും ഓർമ്മയിലുണ്ടാവും പക്ഷെ ജീവൻമുക്തന്മാർക്കോ നിരന്തരം അനുഭൂതി സദാ അനുഭവം ഒരു ക്ഷണനേരത്തിലേക്ക് മറക്കാതെ അനുഭവം അപ്പൊ അത്തരത്തിലുള്ള അനുഭൂതിയാണ് പരമകാഷ്ടയായ ഭക്തി അത് എങ്ങനെ സിദ്ധിക്കും ലളിതമായ ഭക്തിസാധന കൊണ്ട് തന്നെ സിദ്ധിക്കും ഭഗവത്കഥകളെ കേട്ട് ത്വദ്ഭക്തിസ്തു കഥാരസാമൃതീ നിമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതീ ക്ലേശമില്ലാതെ തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവത് കഥകള് കേൾക്കുക അതിൽ വീണ്ടും വീണ്ടും മുങ്ങിക്കുളിക്കാം അങ്ങനെയാണെങ്കിലോ അപ്പൊ തന്നെ രസിച്ച് രസിച്ചുകൊണ്ട് തന്നെ പോവാം നാമജപം തുടങ്ങുമ്പോ തന്നെ രസം നാമം രുചിക്കും മധുരമാണെന്ന് എല്ലാവരും പാടുന്നു എല്ലാ ഭക്തന്മാരും പാടുന്നുണ്ട് പക്ഷെ എന്താ പലർക്കും നാമം ജപിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടത് മധുരിക്കണില്ലെന്ന് വച്ചാൽ കൊറേയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരം തിന്നു പഠിച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള മധുരം രുചിക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഴം അമ്പലത്തിൽ ഇപ്പൊ പഴം ശ്രദ്ധിച്ചതാണ് പഴമോ വേറെ വല്ല നല്ല മധുരപലഹാരങ്ങളോ കൊടുത്താൽ കുട്ടികൾ തിന്നണില്ല എന്താന്ന് വെച്ചാൽ ചോക്ലേറ്റും അതും ഇതുമൊക്കെ തിന്നിട്ട് നാക്കിന് അങ്ങനെയുള്ള രുചി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രുചി ഉണ്ടാക്കിയെടുത്താൽ നാച്ചുറലായിട്ടുള്ള രുചി പിടിക്കണില്ല അതേപോലെ ലോക വിഷയവേഷം തിന്ന് തിന്ന് പഠിച്ച മനസ്സിന് യഥാർത്ഥ മാധുര്യത്തിനെ രുചിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോണം ഭഗവാൻ പരമകൃപ കൊണ്ട് മധുരമായ നാമാനുഭവം മധുരമായ ഭക്തിയുടെ അനുഭവം ഈ ജീവന് പുകട്ടിക്കൊടുക്കും ഉള്ളിൽ കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് വായിലൊഴിച്ചു കൊടുക്കണ പോലെ ഭഗവാൻ നിർബന്ധിച്ച് ഭക്തിയെ അനുഭവിപ്പിക്കും അതാണ് അപാര കാരുണ്യം ഭഗവാന്റെ നാമം ഉള്ളിൽ കടക്കുന്നത് തന്നെ ഭഗവാൻ കടക്കണതാണ് ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് പാടിയിരിക്കുന്നത് ാമേ ഭഗവാനും മേലെ ഭഗവൻ നാമം ഉള്ളിൽ കിടക്കുന്നത് തന്നെ ഭഗവാൻ ഉള്ളിൽ കിടക്കുന്നത് ഭഗവാൻ നാമമായിട്ടാണ് ഉള്ളിൽ കിടക്കുന്നത് മീരാബായ് അങ്ങനെ പാടിയിരിക്കുന്നു ചൈതന്യ മഹാപ്രഭു അങ്ങനെ പാടിയിരിക്കുന്നു നമ്മുടെ പൂന്താനം പാടിയിരിക്കുന്നു ഇവരെല്ലാവരുമേ നാമത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ പാടിയിരിക്കുന്നു നാമദേവൻ പല നാമം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ തന്നെ പാടിയിരിക്കുന്നു ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെ നാമം ആത്മ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നാമം എന്നിരിക്കുന്നു എത്രയോ കോടി ജന്മങ്ങൾ ഈ ജീവൻ നാമത്തിനെ അറിയാതെ ചുറ്റി അവസാന നാമത്തിനെ അറിഞ്ഞപ്പോൾ അവനവനെ അറിഞ്ഞു എന്നൊക്കെ നാമദേവന്റെ പാട്ടുകളിൽ വരും അപ്പൊ അവിടെ നാമം എന്ന് വെച്ചാൽ എന്താ നീരാബായി ഒരടുത്ത് പറയുന്നുണ്ട് നാമം എത്രയോ ജന്മങ്ങളായി എന്റെ ഉള്ളിൽ മുഴങ്ങിക്കിടന്നു പുറത്തുനിന്ന് ഗുരു അത് ഉച്ചരിച്ചപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ മുഴങ്ങിക്കിടന്ന നാമത്തെ കണ്ടെത്തി അപ്പൊ പുറത്തുനിന്ന് ഗുരു ഉച്ചരിക്കണ നാമം ഉള്ളിൽ എത്രയോ ജന്മങ്ങളായി മുഴകി മുഴങ്ങിക്കൊണ്ടിരുന്ന നാമത്തിനെ സ്റ്റിക്കണു അപ്പൊ ഉള്ളിലുള്ള നാമം ഉണരണു നാം അപ്പൊ നാമം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ഭഗവാന്റെ നാമം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് പുറത്തുനിന്ന് അത് പ്രവേശിക്കണം പ്രവേശിക്കാൻ മുഖ്യമായ തടസ്സം എന്താ വിഷയവാസന ആ വിഷയവാസന പോകണമെങ്കിൽ ദുഃഖമേർപ്പെടണം ദുഃഖമേർപ്പെട്ടാൽ അതുകൊണ്ടാണ് നിർബന്ധമായും ഈ ലോകത്തിൽ ദുഃഖമുള്ളത് അത് ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞല്ലോ അതിനുള്ള വ്യാഖ്യാനമാണ് എന്തിനാ നിർബന്ധമായും യുഗത്തൊരു ദുഃഖമുള്ളതെന്ന് വെച്ചാൽ നിർബന്ധമായും ഭഗവാൻ ദുഃഖിപ്പിക്കും ദുഃഖിപ്പിച്ചാലേ വിഷയവാസന പോവുകയുള്ളൂ നമ്മളായിട്ട് പരിശ്രമിച്ചു ചെയ്യുന്ന തപസിനേക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ഭഗവാനായിട്ട് തരുന്ന ഒരു തപസാണ് ദുഃഖം ആ ദുഃഖം ഏർപ്പെടുമ്പോ എത്രയോ ജന്മങ്ങളിൽ തപസ് ചെയ്തിട്ട് ശുദ്ധമാക്കേണ്ട ചിത്തം ഈ ദുഃഖാനുഭവം കൊണ്ട് ശുദ്ധമാവും ഈ ദുഃഖാനുഭവം കൊണ്ട് ശുദ്ധമാകാം മാണിക്കവാചകസ്വാമികൾ ഒരിടത്ത് പറയുന്നു തനിക്ക് ഭഗവാൻ നാമരൂപത്തിൽ ഉള്ളിൽ കടന്നതിനെ പറയണം നടി നാനേയോ തവം ശൈതേൻ ശിവായനമവനപ്പറ്റേൻ തേനായി അമുദമായി തിക്കും ശിവപെരുമാൻ താനേ വന്തുയൻ ഉള്ളം പുകുന്ത് അടിയാർക്ക് അരുൾ ഷെയ്താൻ ും ഉയിർവാ ഞാൻ ഒരു തപസ്സും ചെയ്തില്ല അദ്ദേഹം പറയാണ് ഞാൻ തപസ്സൊന്നും ചെയ്യാതെ ലൗകികനായിട്ട് നടന്നിട്ടും ഭഗവാന്റെ നാമം എനിക്ക് കിട്ടി ശിവായ നമവനപ്പറ്റേൻ നാമം എന്റെ ഉള്ളിൽ കടന്നു ആ നാമം ഉള്ളിൽ കടന്നതോടുകൂടെ അമൃതമായി ആ നാമം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അമൃതം പോലെ ഉണ്ട് അമൃതം പോലെ അതിനു മുമ്പ് ഒരു പാട്ടില് പറഞ്ഞു അത് ആ അമൃതമാണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നാണ് ആദ്യമൊക്കെ അമൃതം പോലെയാണ് ഭക്തിയെങ്കിലും അമൃതം പോലെയാണ് നാമമെങ്കിലും ഉള്ളിൽ വിഷയവാസന ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നും വിട്ടില്ല അത്രേ കുട്ടികളെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കണ പോലെ അടിച്ചടിച്ച് എന്നെ കൊണ്ടു ഇത് ഉപയോഗിപ്പിച്ചു കഴിപ്പിച്ചു അടിത്ത് അടിത്ത് അക്കാരം അടിച്ചടിച്ചിട്ട ഉള്ളിലേക്ക് കയറ്റിയത്ര കൽക്കണ്ടുപോലെ മധുരിക്കുന്നു നാമം പക്ഷെ ഞാൻ തിന്നില്ല വിഷയവാസന ഉള്ളിൽ രുചിച്ചു പോയി അതുകൊണ്ട് നാമത്തിൽ രുചി ഏർപ്പെടുന്നില്ല നാമസങ്കീർത്തനം നാമജപം എന്നൊക്കെ പറയാം പക്ഷെ പറയുന്നവർക്ക് പോലും ജപിക്കാൻ പറ്റണില്ല എന്താ ഉള്ളില് പല വാസനകൾ അപ്പൊ ആ വാസനകൾ പോവണമെങ്കിൽ കുറെ ഒക്കെ ഇവിടെ ദുഃഖിച്ചാൽ ആ ദുഃഖം കൊണ്ട് വിഷയവാസനകളൊക്കെ പോയി നാമത്തിൽ രുചിയേർപ്പെടും ആ സമയത്ത് ഭഗവാന്റെ കൃപ കൊണ്ട് നാമം കിട്ടും ആ ജപം തുടങ്ങുമ്പോ തന്നെ സദ്യസിദ്ധികരി ഏതോ കുറെ നാമം ജപിച്ച് കഷ്ടപ്പെട്ടിട്ട് സിദ്ധിയല്ല ജപം തുടങ്ങുമ്പോ തന്നെ ആരാധന തുടങ്ങുമ്പോ തന്നെ സങ്കീർത്തനം തുടങ്ങുമ്പോ തന്നെ സത്സംഗത്തിൽ പങ്കെടുത്ത് ആരംഭിക്കുമ്പോ തന്നെ സത്യസിദ്ധിക ഐ വിഭോം അപ്പൊ തന്നെ അത് രുചിച്ചു തുടങ്ങണ എന്നാണ് ആ ക്രമേണ ആ ആരംഭത്തിലുണ്ടായിരുന്ന ആ രുചി പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അഭിവൃദ്ധിപ്പെട്ട് പ്രേമ പ്രൗഢരസർദ്രതാം പ്രൗഢമായ പ്രേമമായിട്ട് ഹൃദയം സദാ ഉരുകി ഉരുകി ഉരുകി പരമാത്മാകാരമായിട്ട് നിൽക്കുന്നു തദാകാര വൃത്തി കൊണ്ടു നിൽക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഭക്തി ഉണ്ടാവാനുള്ള സാധനകളാണ് അടുത്ത അധ്യായത്തിൽ മുഖ്യമായിട്ടും വർണ്ണിക്കുന്നത് ഭക്തിക്കുള്ള പ്രാർത്ഥന ഭഗവാനോട് ഭഗവാനെ ഭക്തി തരൂ പഠന്തോ നാമാനിപ്രമദഭരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥരന്തോ ഭയ ഖലു രമന് പരം അമൂന് അഹം ധനമന്യേ സമധിഗത സർവാഭിഷിത ആരാണ് ധന്യന്മാരം ധന്യത ആർക്കാവുള്ളത ജീവിതത്തിൽ പരിപൂർണധന്യത ഗ്രഹങ്ങളെല്ലാം സാധിച്ചാൽ ധന്യത ഒന്നിൽ സകല ആഗ്രഹങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ സകല ആഗ്രഹങ്ങളും വേണ്ടാവയ്ക്കണം സകല ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് സാധ്യമല്ല അപ്പോ ഉള്ളത് എന്താണ് സകല ആഗ്രഹങ്ങളും വിട്ടുപോകണം അതെപ്പോ വിട്ടുപോകും ചിത്തത്തിന് ഭഗവത് പ്രേമം ഉണ്ടാവുമ്പോ ഭഗവാനിൽ അങ്ങനെ ഒരു പ്രീതി ഉണ്ടാവുമ്പോ ബാക്കിയുള്ളതൊക്കെ തുച്ഛം വിഷം പോലെ തള്ളിക്കളയും ആ പ്രീതിയുടെ ലക്ഷണമെന്താണ് പഠന്തോ നാമാനി പ്രമദഭരസിന്ധൂ നിപതിതാഹാം ഭക്തന്മാരുടെ ലക്ഷണത്തിന് പറയുക അവിടെ പെട്ടത് ഭക്തന്മാരെങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ പഠന്തോ നാമാനി പ്രമദഭരസിന്ധൂ നിപതിതാഹാം സ്മരന്തോ രൂപം തേവര കഥയന്തോ ഗുണകഥവാന്റെ നാമത്തിനെ പഠിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നു നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു യജ്ഞാനാം ജപയജ്ഞോസ്മി തത്വജ്ഞാനം ഉണ്ടായാലും അതിനുശേഷം എന്തു ചെയ്യും നാമാനി കൃത്വ അഭിവദൻ ഗതാസ്തേ നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പഠന്തോനാമാനി ബാക്കിയുള്ള സമയമൊക്കെ എന്ത് ചെയ്യാം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും നേടാനില്ല ആഗ്രഹമില്ല എങ്ങോട്ടും പോവാനില്ല ഇനി ഒരിടത്തും എത്താനില്ല ഇനി ഒന്നും വേണം എന്നില്ല ഇനി സാക്ഷാതീശ്വരം മുമ്പിൽ വന്ന് നിന്ന ദർശനം തരാനായിട്ട് വന്നാലും ഭഗവാനോട് പറയുക ഭഗവാനെ ഇങ്ങനെയൊന്നും വന്ന് ദർശനമൊന്നും തരണ്ട വെറുതെ വന്നിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് കരയും വരും ഒന്നും വേണ്ട ഞങ്ങൾ നാമം ജപിച്ചുകൊണ്ട് പഠന്തോ നാമാനീ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കാം ആ ജപം ചെയ്യുമ്പോ എങ്ങനെയുണ്ട് പ്രമദപരസിന്ധൂ നിപതിതാഹ നാമം തന്നെ ഉള്ളിലുള്ള നാമത്തിനെ ഉണർത്തുന്നത് കൊണ്ട് ആനന്ദ സിന്ധു ആനന്ദസമുദ്രം എന്നാണ് ആനന്ദസമുദ്രത്തിൽ മുങ്ങി വീണ് പ്രമദപരസിന്ധൂ നിപതിതാഹാം നാമം ജപിക്കുമ്പോ അതോടൊപ്പം ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുകയും ചെയ്യുന്നു സ്മരന്തോ രൂപം തേ രൂപത്തിനെയൊക്കെ വർണ്ണിച്ചുവല്ലോ സൂര്യസ്പർധിഗിരിയുടെ ഊർധ്വതിലകം ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ഇങ്ങനെ കരുതി ധ്യാനിക്കാം ഭഗവത് രൂപധ്യാനവും ജപവും ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാലോ രാവിലെ മുതൽ രാത്രി വരെ സമയമുണ്ടല്ലോ എങ്ങനെങ്കിലും ചെലവഴിക്കാം ഒന്നും നേടാനില്ല ആശ വെച്ചുകൊണ്ട് അലയലൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം പറഞ്ഞു ഇതേപോലെ മനോഹരമായ ശ്ലോകം രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും രാത്രി വേറെ എന്ന് വെച്ചാൽ കഞ്ചിത് കാല മുമാരക്ഷനെയ കഞ്ചിത് കഥകർണനീ കിത് കഞ്ചിതവേക്ഷണൈശ്ചനുതി കഞ്ചിദ്ദാ ഈദൃശീം യു പ്രാതി മുദ ർപ്പന ജീവൻ സമുക്ത ജീവൻമുക്തൻ എങ്ങനെ ജീവിക്കും എന്നാണ് ജീവൻമുക്തനാണ് തത്വജ്ഞാനിയാണ് തത്വജ്ഞാനി നിരന്തരം ആ വസ്തുവിൽ രമിക്കുമ്പോ ജീവൻമുക്തൻ വാസനാവിഷയം ഏർപ്പെട്ടു അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ എന്താ എന്തെങ്കിലും ഒരു ശരീരത്തിനൊരു എൻഗേജ്മെന്റ് ഇരുന്നോട്ടെ കഞ്ചിത് കാലം രാവിലെ എഴുന്നേറ്റ ഭഗവാന് സുപ്രഭാതം പാടാം ഭഗവാനെ പ്രബോധനം ചെയ്ത് ഉണർത്താം നമ്മളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ചു വന്ന് വീട്ടിലുള്ള മൂർത്തിക്ക് സുപ്രഭാതം പാടി ദീപാരാധന കാണിക്കാം എന്നിട്ടോ കുറച്ചു നേരം ഭഗവാന്റെ മുമ്പിലിരുന്ന് ്യാനിച്ചുകൊണ്ടിരിക്കും ചില ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ധ്യാനിക്കണു എന്നുള്ള ഭാവവും വിട്ട് സമാധി ദശയിലിരിക്കണം ചിലപ്പോ കുറേ നേരം അത് വിട്ടുണർന്നാൽ ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു ജപം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തിനെയും ധ്യാനിക്കും ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ചിലപ്പോ സമാധി ദശയിലിരിക്കും ഇങ്ങനെ കുറേ നേരം പോകും അത് വിട്ടുണർന്നാലോ പുറത്തുപോയി പുഷ്പമൊക്കെ പറച്ചുകൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യും പുഷ്പം കൊണ്ട് പൂജിക്കും അങ്ങനെ കുറച്ചുനേരം കഞ്ചിത്കാല ഉമാമഹേഷത പാതാരവിന്ദനൈഹി ധ്യാന സമാധിപിഷ് അത് വിട്ടു പൂജയുമൊക്കെ കഴിഞ്ഞാലോ കുറച്ചുനേരം സ്തുതിക്കും സ്തോത്രങ്ങളൊക്കെ ചൊല്ലും സങ്കീർത്തനം ചെയ്യും ഭക്തന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പാടുക നർത്തനം ചെയ്യ പിന്നെയോ നമസ്കാരം അമ്പലങ്ങളിൽ പോവുക പ്രദക്ഷിണം വെക്കാം ഇങ്ങനെ സ്വാധ്യായം എന്തെങ്കിലും സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം ഇങ്ങനെ ഒരു ഉച്ച വരെ കഴിക്കേണ്ട സമയം വരെ പോയി പിന്നെ ഊണ് കഴിച്ചു ആഹാരമൊക്കെ കഴിച്ചു കുറച്ചുനേരം കഴിഞ്ഞാൽ വിശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സ്വാധ്യായം എവിടെങ്കിലും തീർത്ഥയാത്ര സത്സംഗം എവിടെ കഥ ഉണ്ടോ ഭാഗവതമുണ്ടോ എവിടെങ്കിലുമൊക്കെ ചെന്നിരുന്നു കുറച്ചുനേരം അതൊക്കെ കഥാകർണനീ കുറെ കഥകളൊക്കെ കേട്ടു അത് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ എന്തു ചെയ്യും അപ്പോഴും വ്യവഹാരം കർമ്മങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും രാത്രിയാവുമ്പോഴും കുറെ ജപം ചെയ്തു ധ്യാനം ചെയ്തു സദ്ഗ്രന്ഥങ്ങൾ വായിച്ചു അന്ന സത്സംഗത്തിൽ കേട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി സ്വയം ഒരു പുസ്തകത്തിൽ എന്തെന്ത് ഭക്തി സാധനങ്ങൾ ചെയ്തുവോ അതൊക്കെ എഴുതി വെച്ചു ആസ്വാദനത്തിന് എഴുതി വെച്ചു കുറച്ച് സമയം കിട്ടിയാൽ ഭഗവാനോട് കുറച്ച് എന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോ കിടക്കലിരിക്കുമ്പോ ഭഗവാന്റെ മടിയിൽ അങ്ങനെ കിടക്കുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് അങ്ങോട്ട് കിടക്കാം എന്നിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ പ്രാതസ്മരാമി പരമേശ്വരപാദപത്മം എഴുന്നേക്കാം എഴുന്നേൽക്കുമ്പോ തന്നെ അങ്ങനെ വേണം എഴുന്നേൽക്കുമ്പോ തന്നെ അല്ലെങ്കിൽ തലേദിവസം രാത്രി എന്തൊക്കെ പീഡ അതൊക്കെ പൊന്തി വരും അത് വരാതിരിക്കണമെങ്കിൽ രാത്രി കിടക്കുമ്പോ ഭഗവാന്റെ മടിയിൽ കിടക്കണ പോലെ ഭാവത്തോടുകൂടെ കിടന്നുറങ്ങി പ്രകാശത്തിൽ കിടന്നുറങ്ങി ഉണരുമ്പോ പ്രകാശത്തിൽ ഉണരണം ഉണരുമ്പോഴോ പ്രാതസ്മരാമി പരമേശ്വര പാദപത്മം അങ്ങനെ ഉണരാ ഭഗവാന്റെ പാദപത്മത്തിനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഉണർന്നു അങ്ങനെ രാവും പകലും ഉറക്കത്തിനും ഉറക്കത്തിനും നടുവിലുള്ള സമയം ഭജനമായിട്ടും ജപമായിട്ടും ധ്യാനമായിട്ടും കഥാകഥനമായിട്ടും കഥാശ്രവണമായിട്ടും നീ അല്പസ്വല്പൊക്കെ വേണം വ്യവഹരിക്കേണ്ട കാര്യമുണ്ട് ലോകത്തിലെന്ന് വെച്ചാൽ അതിനും വഴി പറഞ്ഞു തോന്നുന്നു ഭാഗവത കാരൻ യാവതർത്ഥം വ്യവഹരേത് വേണ്ടത്ര മാത്രം ഗേഹേജ പണ്ഡിത ശരീരത്തിലും വീട്ടുകാര്യങ്ങളിലൊക്കെ എത്ര കണ്ട് വ്യവഹരിക്കണംന്ന് വെച്ചാൽ ഒരു അര കുറയായിട്ട് അങ്ങനെയൊക്കെ മതി എന്നാണ് ഓ അപ്പൊ ലോകത്തിലെ കാര്യമൊക്കെ ഒന്നും ശരിയാവില്ലല്ലോ അതല്ലെങ്കിലും ശരിയാവില്ല ാലും ശരിയാവില്ല അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ ലോകത്തില് പെർഫെക്ഷന് വേണ്ടി ആരെങ്കിലും ഒക്കെ കൊതിച്ചാൽ അവര് ദുഃഖിക്കേണ്ടി വരും ലോകം എപ്പോഴും ഇമ്പെർഫെക്റ്റ് ആണ് അതൊക്കെ അങ്ങനെയൊക്കെ പകുതി പകുതിയായിട്ട് കിടക്കട്ടെ അതൊക്കെ അവിടെ അവിടെ പകുതി പകുതിയാക്കി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ആ വീട്ടത്തെ കാര്യം മുഴുവൻ ആക്കിട്ട് സപ്താഹത്തിന് വരണം എന്ന് വെച്ചാൽ നടക്കില്ല കുറെ ഒക്കെ പകുതിയായിട്ട് ഇരിക്കട്ടെ അങ്ങനെ വെക്കാം അങ്ങനെ നിരന്തരം ഒരു വ്യവഹാര തലത്തില് ആര് ഭജനം ചെയ്തുകൊണ്ട് തന്നെ ചരിക്കുന്നുവോ ചരന്തോ ഭക്താ ചില ഭക്തന്മാര് തീർത്ഥയാത്ര പോയിക്കൊണ്ടേയിരിക്കും അവർക്ക് വീട്ടിൽ ഇത്രയും കുറെ കാലമാകും ഇനി ഭാഗവതം അവിടെ ഇവിടെ സപ്താഹമുണ്ട് അവിടെ പാരായണമുണ്ട് ഇവിടെ പ്രഭാഷണമുണ്ട് അല്ലെങ്കിൽ വെറുതെ തീർത്ഥക്ഷേത്രങ്ങൾ യാത്ര പോയി അങ്ങനെ പോയിട്ട് വന്നാൽ അത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തീരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങിപ്പോണം എന്നിട്ട് ഒരു ആറു മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും തീർന്നിട്ടുണ്ടാവും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇത് തീർത്തതല്ല നമ്മൾ പോയപ്പോഴാണ് പ്രശ്നം തീർന്നത് അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് ആരാന്ന് അപ്പൊ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മളില്ലെങ്കിൽ പ്രശ്നമേ തീരില്ല നമ്മൾ നിന്നിട്ട് വേണം തീർക്കാനൊക്കെ ഒരു ഭ്രമം ഉണ്ടാവും നല്ല പ്രശ്നം മുറ്റി നിൽക്കുമ്പോ അപ്പൊ പോണം ഇറങ്ങി വരുപോക്കരന്തോ ഭക്താ സമാധാനമായിട്ട് ഏതെങ്കിലും തീർത്ഥ ക്ഷേത്രത്തിൽ പോയി ഒന്ന് കുറച്ചു ദിവസം ഭഗവാനെ വിളിച്ചിട്ട് രാമസങ്കീർത്തനാദികളൊക്കെ ചെയ്ത് ജപം ചെയ്ത് നല്ല സദ്ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സ് സമാധാനത്തോട് വെച്ചിട്ട് തിരിച്ചു വരുമ്പോ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും അതിനെത്രയോ ഭക്തന്മാര് പരീക്ഷിച്ചിട്ടുണ്ട് പലരും പ്രശ്നം തീർത്തിട്ട് തീരണില്ല എന്ന് വന്ന് ഒരിക്കൽ പോവും പോയി കഴിഞ്ഞാൽ ഒക്കെ പരിഹരിക്കപ്പെടും അപ്പൊ ചരന്തോ ഭക്താം ഇങ്ങനെ സദാ ഏതെങ്കിലും വിധത്തില് ഭഗവത് ഭക്തിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഭഗവാനിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ ധന്യാൻമന്യേ അവരാണ് ധന്യപുരുഷന്മാര് അഹം ധന്യാൻമന്യേ സമധികത സർവാഭിലിതാൻ അടേ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചു കഴിഞ്ഞവരാണ് അവര് സർവ അഭിലഷിതാൻ എന്തൊക്കെ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാവോ അതൊക്കെ നേടിക്കഴിഞ്ഞവരാണ് ഭാഗവതത്തിലെ പ്രഹ്ലാദൻ ഭക്തിസാധനയെ നവവിധ ഭക്തിയെ പറയുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം ർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണം ആദ്യത്തെ പടി ആദ്യം ഇതാ ഭക്തിയെ കുറിച്ച് നമ്മൾ കേൾക്കണം പിന്നെ സങ്കീർത്തനം ഈ കേട്ടതിനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ നാമം ചെയ്യുന്നു ഈ കേട്ടതിനെ മറ്റുള്ളവരോട് പറഞ്ഞ് ആസ്വദിക്കണം വീട്ടില് പോയി കഴിഞ്ഞാൽ ഇത് കേൾക്കാത്തവരോട് ഇതിനെക്കുറിച്ച് പറയാം അവർ ചെലപ്പോ കേൾക്കാൻ തയ്യാറാവില്ല എങ്കിലും പറയാം അതുകൊണ്ട് രണ്ടു ഗുണമുണ്ടാവും ഒന്ന് നാളെ മുതൽ അവര് നമ്മളെ ഉപദ്രവിക്കില്ല നമ്മളെ കണ്ടാലേ ഓടിപ്പോകും അല്ല അവര് ശ്രദ്ധയുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും രണ്ടു വിധത്തിലും നല്ലതാണ് അപ്പോ ശ്രവണം കീർത്തനം വിഷ്ണു പിന്നെ ഇങ്ങനെ ശ്രവണ കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നാൽ കൊറേ കഴിയുമ്പോൾ സ്മരണം തുടങ്ങും സ്മരണം നമ്മളായിട്ട് ചെയ്യണമെന്നില്ല മനസ്സ് സ്മരിച്ചു തുടങ്ങും നമ്മൾ എപ്പോഴും എന്തിനെ ശ്രവിക്കണമോ എന്തിനെ കീർത്തിക്കണവോ അതിനെയാണ് മനസ്സ് സ്മരിക്കണത് സ്വപ്നത്തിലും വരുന്നത് കൊറേ കാലം ജാഗ്രത്തില് ശ്രവണ കീർത്തന മനനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഈ ഭജനം ചെയ്തുകൊണ്ടേയിരുന്നാൽ കുറച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്ക് അത് ഒഴുകി ചെല്ലും ജാഗ്രത എന്തു ചെയ്യണോ അതാണ് സ്വപ്നത്തിലും കാണുന്നത് അപ്പൊ ശ്രവണ കീർത്തനങ്ങൾ നടത്തിയാൽ മനസ്സ് ക്രമേണ ശുദ്ധമായി അതിന് രാത്രി ഉറങ്ങുമ്പോ സ്വപ്നത്തിലും സ്മരിക്കും പിന്നെ അർച്ചനം ഭഗവാന് അർച്ചിക്കല് അർച്ചനം വന്ദനം ദാസ്യം ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്നുള്ള ഭാവം എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാം സഖ്യം ഇത്രയുമായാൽ ഭഗവാൻ കൂടെ നടക്കും അതാണ് സഖ്യം കൂടെ ഉണ്ടാവും എപ്പോഴും കൂടെ ഉള്ള സഖാവായിട്ട് അവിജ്ഞാത സഖാവായിട്ട് ഭഗവാനുണ്ട് അതറിയപ്പെടും അതറിഞ്ഞു കഴിഞ്ഞാലോ ആത്മനിവേദനം ആത്മനിവേദനം നമ്മളായിട്ട് ചെയ്യേണ്ട ഈ സഖാവായി കൂടെ നടക്കുന്ന ആൾ ഒരു ദിവസം പിടിച്ചു വിഴുങ്ങും സഖ്യം ആത്മനിവേദനം ഈ നവവിധ ഭക്തിക്കും ഈ ഭക്തി ചെയ്തുകൊണ്ട് സദാ ഭഗവത് സ്മരണത്തിലും ഭഗവത് ധ്യാനത്തിലും രമിച്ചുകൊണ്ടിരിക്കുന്നവനാരോ അവൻ ധന്യൻ ഇത്തരത്തിലുള്ള ഭക്തി ക്രമേണ പരാഭക്തിയായിട്ട് തീരും ഇങ്ങനെ ശ്രവണ കീർത്തന മനനങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് മനസ്സ് ലോകത്തിനെ വിട്ടു പോകും ലോകവിഷയങ്ങളെ വിട്ടുപോകും ഈ മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ എന്താ വിചാരങ്ങളാണല്ലോ ചിന്തയുടെ കൂട്ടത്തിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല കുറെ വിചാരങ്ങളാണ് മനസ്സ് വിചാരം വികാരം ഇതൊക്കെയാണ് മനസ്സ് ഭാവന സ്മൃതി ീ മനസ്സ് നിരന്തര ഭഗവത് ധ്യാനം കൊണ്ടും ജപം കൊണ്ടും നേർത്ത് നേർത്ത് നേർത്തു വരും നേർത്തുനേർത്തു വന്ന മനസ്സ് ക്രമേണ ആത്മാവിനെ മണക്കും ഉള്ളിലുള്ള ആത്മാവിന്റെ മണം ഗന്ധം പ്രഹ്ലാദൻ എങ്ങനെ തന്നെ പറഞ്ഞു ഗന്ധം ഇവ പുഷ്പത്തിന്റെ ഗന്ധത്തിനെ മണത്തു വരുന്ന വണ്ടുപോലെ പുറമേക്ക് അലഞ്ഞു നടക്കുന്ന ചിത്തവൃത്തികളാവുന്ന വണ്ടുകൾ ക്രമേണ ഹൃദയത്തിലുള്ള പുഷ്പം ആത്മാവാകുന്ന പുഷ്പത്തിന്റെ സുഗന്ധം കണ്ട് അങ്ങോട്ട് വരാൻ വരാൻ തുടങ്ങും പുറത്തേക്ക് പോകുന്ന ചിത്തവൃത്തികൾ ഓരോന്നായി തനിയെ വന്ന് ഹൃദയത്തിൽ വന്ന് രമിക്കും ആ ഹൃദയസ്ഥാനത്തിൽ രമിച്ച് മനസ്സ് തന്നെ അടങ്ങി അനന്തമായ ആത്മബോധം വിമലപ്രബോധ ആത്മബോധം അവിടെ ഉണ്ടാവും ആത്മപ്രകാശമുണ്ടാവും വട്ടതിരി പറയണു ഗുരുവായൂരപ്പായി മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ ഗതക്ലിഷ്ടം കഷ്ടവരണസേവാസഭരെ അനസക്ത ചിത്തം ബത വിഷ്ണോ കുരുദയാദോജസ്മരണരസികോ നാമ നിവഹൻ അഹം ഗായ കുഹജന വിവത്സ്യാമി വിജനേ ഗതക്ലിഷ്ടം കഷ്ടം അനേകവിധ രോഗങ്ങൾ കൊണ്ട് ക്ലേശിപ്പിക്കപ്പെടുന്ന ഈ ശരീരം അതോടുകൂടെ ഈ മനസ്സ് പെട്ടതിരിക്കുക അങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങൾ അല്ലെ ശരീരത്തിന്റെ വ്യാധിയായാലും ശരി മാനസികമായ വ്യാധികളായാലും ഒക്കെ തുല്യം ആ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല തവ ചരണ സേവാരസഭരെ അനാസക്തം ചിത്രം ഭഗവാനെ എത്രയൊക്കെ കേട്ടാലും അറിഞ്ഞാലും ഭജിക്കണം തോന്നണില്ലല്ലോ ധ്യാനിക്കണം തോന്നണില്ലല്ലോ ജപം ചെയ്യണം എന്ന് തോന്നണില്ലല്ലോ അതിനു മാത്രം ഈ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല ഭവത്പാദം ഭോജസ്മരണവിരുചു സ്മരണരസിക്കാം ഭഗവാനെ കുരുദയാ അങ്ങയുടെ ധൈര്യം ഇല്ലെങ്കിൽ ഈ ഭക്തി ഉണ്ടാവില്ലേ അതുകൊണ്ട് കരയുക കരഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാം എന്നാണ് വേറെ ഒരു സാധനം കൊണ്ടും പ്രാപിച്ചിട്ടില്ലെങ്കിലും ഭഗവാനോട് കരയുക ലോകത്തിൽ വേറെ എന്തിനൊക്കെയോ വേണ്ടി കരയുന്നുണ്ട് ഇതിനു വേണ്ടി കരയണവരാരെയും കാണാനില്ല വേറെ പലതിനും വേണ്ടി ഭഗവാനോട് കരയണുണ്ട് ഭഗവാനെ വേണം എന്ന് പറഞ്ഞ് കരയണവരാരെയും കാണാനില്ല വേണം എന്ന് പറഞ്ഞ് കരഞ്ഞാൽ കിട്ടും കരഞ്ഞവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ കുരുദയാം അത് ദുഃഖമാണ് ഭഗവാന് ദയ ചെയ്ത് ഭക്തിയെ തരിക ഭഗവാനെ വേണമെന്ന് പോലും ചോദിച്ചില്ല ഭക്തി ഭഗത്പാദം സ്മരണരസികോ നാമനിഹവാ നിവഹാൻ ഭഗവാന്റെ പാദത്തിൽ രമിച്ചുകൊണ്ട് ഏതെങ്കിലും ഏകാന്ത സ്ഥാനത്തിലിരുന്ന് നാമങ്ങളെ അങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് അഥവാ നാമജപം ചെയ്തുകൊണ്ട് ഞാൻ വസിക്കണമോ ഏകാന്തത്തിലിരുന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും വസിക്കണോ പാദഭജനം ചെയ്യണോ നീ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഭക്തി കിട്ടുമോന്ന് കൃപാതേമി ലഭ്യം തനുഭൃതാം മതീയക്ലേശവും പ്രശമന ദോകെസ്ൻശമി ശോകാഭിതക്തഗതി കൃപ തേജാ ചേത് ഭഗവാന്റെ കൃപ ഉണ്ടായാൽ കിട്ടാത്തത് എന്താ ഉള്ളത് എന്ത് കിട്ടില്ല എന്ത് തന്നെ ലഭിക്കില്ല എന്തും ഭഗവത് കൃപയുണ്ടെങ്കിൽ ലഭിക്കും ചേർന്നു വരും യോജിച്ചുവരും കിമിവനഹി ലഭ്യം തനുഭൃതാം ശരീരമുള്ളവന് മനുഷ്യശരീരമുള്ളവന് ഭഗവത്കൃപ കൂടെ നടക്കുന്നുണ്ട് ഇവന് ശ്രദ്ധയുണ്ടായാൽ മതി കൃപയുണ്ടവിടെ ഭാഗവതത്തിൽ ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ശരീരമാകുന്ന തോണി സംസാര സമുദ്രം എന്ന് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ശരീരമാകുന്ന തോണി അതിൽ ഗുരുവാകുന്ന കർണധാർ തോണി ഓട്ടിക്കുന്ന ആള് അതില് ഭഗവാന്റെ കൃപയാവുന്ന കാറ്റ് അടിക്കുന്നുണ്ട് ഇനി താൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ശ്രദ്ധയാവുന്ന പായ പൊക്കി കെട്ടണം ബാക്കിയൊക്കെ തയ്യാറായിട്ട് നിൽക്കണു എല്ലാം ഇലക്ട്രിസിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കണ്ട ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു ഇവിടെ ജനറേറ്ററൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൊണ്ടുവന്നു കഴിഞ്ഞു അവിടെ നിന്ന് ഇവിടെ കണക്ഷൻ എടുക്കണ്ട കണക്ഷൻ എടുത്തു കഴിഞ്ഞു ഫാനോ ലൈറ്റോ ബൾബോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഒരേ ഒരു കാര്യം സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണോ അത്രേ ഉള്ളൂ അത് ചെയ്തിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പണി കഴിഞ്ഞാലും ൈറ്റ് വരില്ല കാറ്റും വരില്ല അതേപോലെ എല്ലാം ഉണ്ട് ഇനി ശ്രദ്ധയാവുന്ന പായ മാത്രം ഒന്ന് പൊക്കിക്കെട്ടണം ശ്രദ്ധയാവുന്ന പായ ഒന്ന് പൊക്കിക്കെട്ടിയാൽ സംസാര സമുദ്രത്തിനെ എളുപ്പത്തിൽ തരണം ചെയ്യാം അതാണ് കിമിവൻ അഹി ലഭ്യം തനുഭൃതാം എന്റെ ഈ ദുഃഖമൊക്കെ ശമിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേക്ക് എത്ര ലളിതം എത്ര നിസാരം അങ്ങയുടെ ഭക്തന്മാർ എത്ര പേര് പരമസുഖമായിട്ട് ഈ സംസാര സമുദ്രത്തിനെ കടന്ന് ജീവൻമുക്താവസ്ഥയെ തന്നെ പ്രാപിച്ചിരിക്കുന്നു മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു അങ്ങനെയിരിക്കും ഈ ചെറിയ രോഗം ഈ കൊച്ചു വ്യാധിയൊക്കെ മാറ്റുക എന്ന് പറയണത് എത്ര ലളിതം അതുകൊണ്ട് ഭഗവാന് ഇത് മാറ്റി എനിക്ക് പരമമായ ഭക്തിയെ തര ഭഗവത് രാമകൃഷ്ണ പരമോംസരിങ്ങനെ കരയോ അത്ര ദേവിയുടെ അടുത്ത് ചിലപ്പോ ദക്ഷിണേശ്വരത്ത് ഭൂമിയിൽ കിടന്ന് ഉരുളും അമ്മ എനിക്ക് ദർശനം തരല് മുമ്പുള്ള അനേകം ഭക്തന്മാരുടെ പേരൊക്കെ പറഞ്ഞു കരയും രാമപ്രസാദ് പറയുന്ന ഭക്തന് അമ്മയുടെ ദർശനം കിട്ടിയിട്ടുണ്ടെന്ന് പറയണമല്ലോ എനിക്കെന്താ കിട്ടാത്തത് ഇങ്ങനെ അതേപോലെ ആ ഭക്തിക്ക് വേണ്ടി കരയാണ് ഭക്തി എന്ന് വെച്ചാൽ ചിത്തം ശുദ്ധമാവുമ്പോൾ ഏർപ്പെടുന്ന അനുഭൂതിയാണ് അതിന് ഏകാന്തത്തിലിരുന്ന് നാമജപം ഭജന ശ്രവണം ഇതൊക്കെ ചെയ്യുമ്പോൾ ക്രമേണ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവും നാരദൻ മുതലായിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള ഭക്തിയെ പ്രാപിച്ചിട്ടുള്ളവരാണ് ആ ഭക്തിയെ പ്രാപിച്ച് ക്രമേണ ആനന്ദമായി ബ്രഹ്മാനുഭവം നേടി സർവചരാചരങ്ങളെയും ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ട് സഞ്ചരിച്ചവരാണ് മുനി പ്രൗഢാരൂഢാ ജഗതിഖലു ഗൂഢാത്മകതയത്പാദാംബോജസ്മരണവിരുജോ നാരദമുഖാ ചരന്ത ഈശ സ്വൈരം സതതപരിനിർത പരചിത് സദാനാത്വൈത പ്രസരപരിമഗ്നപരം അദ്വൈതാനന്ദനുഭവത്തിൽ രമിച്ചുകൊണ്ട് സകല ബന്ധവിമുക്തന്മാരായി സഞ്ചരിച്ചവരാണ് അവരെപ്പോലെ എനിക്കും ഭക്തി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശരീരത്തിന്റെ പരിപൂർണമായ ആരോഗ്യത്തിനും ഭക്തി സാധനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ടും ഭഗവാനോട് പറയുകയാണ് വിദൂയക്ലേശന്മേ കുരുചരണയുഗ്മം ധൃതരസം േത്രപ്രാപ്തൗ കരമി ചേ പൂജനവിധൂ ഭവന്മൂർത്തിയാ ലോകേ നയനം അഥദേ പാദതുളസീപരിഘ്രാണേ ഘ്രാണമി തേ ചാരുചരി ഭാഗവതത്തിലെ നളകൂപര മണിഗ്രീവന്മാര് ഭഗവാനോട് പ്രാർത്ഥിക്കണ പ്രാർത്ഥനയുടെ രൂപമാണിത് ഇതേപോലെ അനേകം പ്രാർത്ഥനകൾ ഭാഗവതത്തിൽ പല സ്ഥലത്തുമായിട്ട് വരുന്നുണ്ട് ശരീരത്തിന്റെ എല്ലാ ചേഷ്ടകളെയും ഭഗവന്മയമാക്കി തീർക്കാം നമുക്ക് മനസ്സിനെ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരീരത്തിന് ആദ്യം ഭഗവാൻ അർപ്പിക്കാം അർപ്പിച്ചാൽ പ്രദക്ഷിണം നമസ്കാരം പൂജ ഇങ്ങനെ ശരീരത്തിനെ എൻഗേജ് ചെയ്ത് വെക്കാം ഭഗവത് ഭക്തിയിൽ അപ്പൊ അതിനുള്ള അനുഗ്രഹം ചെയ്യൂ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ ശരീരം നടക്കാൻ വയ്യാതെ വ്യാധി പിടിച്ചിരുന്നാൽ ഞാൻ എങ്ങനെ പ്രദക്ഷിണം ചെയ്യും ധൃതരസം എന്റെ ഈ രണ്ട് കാലുകളും ഉണ്ടല്ലോ അത് രസത്തോടു കൂടെ ഗുരുവായൂർ വന്ന് ഭവത് ക്ഷേത്രപ്രാപ്തവും അവിടെ അമ്പലത്തിന് വരണം പ്രദക്ഷിണം വയ്ക്കണം തിനു വേണ്ടിയിട്ടാണ് തീർത്ഥയാത്ര ചെയ്യണം സുഖമായിട്ട് നല്ല ബസ്സിൽ പോയിട്ട് വരണു നമ്മളിപ്പോ നടന്ന് തീർത്ഥയാത്ര ചെയ്യണം എന്നാണ് പറ്റുമെങ്കില് അങ്ങനെ പോവാ നടന്ന് പോവാ ഇന്ന് നടന്ന് പോയാൽ പല സൂക്കേടുകളും മാറും ആയുർവേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്ര നല്ല തീവ്രമായ പ്രമേഹമാണെങ്കിൽ ഒന്നിലൊരു കുളം കുത്തണം അല്ലെങ്കിൽ കാശിക്ക് പോയിട്ട് വരണം കാശിക്ക് ട്രെയിനിലല്ല നടന്നിട്ട് നടക്കാൻ വിരോധമുള്ള ആൾക്കാത്രേ പ്രമേഹം വരുന്നത് നടക്കാൻ വിരോധമുള്ള ആൾക്ക് എന്താ ഗൃദ്രു അഭ്യപഹാരേഷു പദചംക്രമണദ്വിഷം പ്രമേഹ പ്രമേഹക്ഷിപ്രമായ തീ നീടദ്രുമ ഇവാണ്ട നടക്കാൻ ഒരു വെറുപ്പ് അപ്പോ നടക്കുക അതാ തീർത്ഥയാത്രകൾ പ്രദക്ഷണം ഒക്കെ നടന്ന് ചിലപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ധ്യാനം നടക്കുമ്പോ കിട്ടും ഇരുന്ന് ജപിക്കുമ്പോൾ ഉറക്കം വന്നാൽ നടന്ന് ജപിക്കാം പ്രദക്ഷിണം ചെയ്ത് ജപിക്കുക അമ്പലത്തിൽ പോയിട്ട് നമ്മളുടെ തീർത്ഥ അമ്പലങ്ങളിലൊക്കെ വന്നാൽ ഒരു നൂറ്റിയെട്ട് പ്രദക്ഷിണം നൂറ്റിയെട്ട് പ്രദക്ഷിണം കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂറാവും നാമം ഏതെങ്കിലുമൊക്കെ ജപിച്ചുകൊണ്ട് നൂറ്റിയെട്ട് പ്രദക്ഷിണം അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം ദിവസം ഇങ്ങോട്ട് പ്രദക്ഷിണം ചെയ്യാം അപ്പൊ കുറെ സമയം ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല വേണ്ടാത്ത കാര്യങ്ങളൊന്നും പ്രവേശിക്കില്ല ജപം നടക്കും ഇരിക്കുമ്പോഴാണ് ചിലപ്പോ ഉറക്കം വരിക അതൊക്കെ ഒരു പ്രദക്ഷിണം എന്നും വ്രതമെടുക്കാം ഇതൊക്കെ വ്രതമാണേ ഈ ഭക്തി എന്നൊരു വ്രതം ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയാ എന്ന് ഭക്തി സാധനങ്ങളൊക്കെ വ്രതമായിട്ട് എടുക്കണം ജപം ഇത്ര ജപം ചെയ്യുന്നൊരു വ്രതം ഭാഗവതം ഇത്ര അധ്യായങ്ങൾ വായിക്കുന്ന ഒരു വ്രതം ഭഗവാനെ പൂജിക്കാവുന്ന ഒരു വ്രതം ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ മഴ പെയ്യണ പോലെ ആവരുത് എപ്പോഴെങ്കിലും പെയ്താ പെയ്തു ഇല്ലെങ്കിൽ ഇല്ല ഇങ്ങനെയുള്ളപ്പോ ഒരു ദിവസം ജപിക്കണം തോന്നിയപ്പോ ജപിച്ചു അങ്ങനെയാണെങ്കി പിന്നെ ശരിയാവില്ല അപ്പോ സതതം കീർത്തയന്തോ മാം യതന്താഹാനമസ്യന്തം ഭക്തൃത്യുക്ത ഉപാസതി ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ ദൃഢവ്രതാഹാന്ന് പറഞ്ഞു ദൃഢമായ വ്രതം അവരുടെ ഭക്തി സാധനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല വിട്ടുപോകില്ല അവര് ആ സമയമായ പെടയും ഈ സമയമായ അത് ചെയ്താവണം അങ്ങനെയൊക്കെ ആരംഭത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വേണം എന്നാണ് അപ്പൊ അതിന് പറ്റാതെ ആവില്ല വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരൻ തന്നെ ആ ശരീരത്തിന് രോഗങ്ങളൊന്നും വരുത്തില്ല കഴിയുന്നത് പ്രാരബ്ധ രോഗങ്ങൾ വേണമെങ്കിൽ അവസാനം വരുമായിരിക്കും അനാവശ്യമായ രോഗങ്ങൾ പോലും വരില്ല അപ്പൊ ഗത ഭഗവാൻ നമ്മളെ ഈ ശരീരത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കണമോ അത് ചെയ്തുകൊണ്ടിരുന്നാൽ വ്യാധികൾ പോലും വരില്ല അത് ചെയ്യാൻ വിരോധം ഉണ്ടാവുമ്പോൾ കോൺഫ്ലിക്ട് ഉണ്ടാവുമ്പോഴാണ് വ്യാധികൾ പലതും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് മനസ്സിലും പ്രത്യക്ഷപ്പെടണം ശരീരത്തിൽ മനസ്സിലും അപ്പോ ഭക്തന്മാർക്ക് ഒന്നാണ് കൈങ്കരിയം പ്രദക്ഷിണം വയ്ക്കുക ശരീരം കൊണ്ട് പ്രദക്ഷിണം വെക്കുക അതുപോലെ കൈകറിയം ഈ ശിവഭക്തന്മാരിൽ ത്രിണാവക്കരശ സ്വാമികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു കുന്താലി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും എന്തിനാന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയാൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഈ കൈകറിയും ചെയ്യണം അവസാനമാവുമ്പോഴും അദ്ദേഹം അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമാധി ദിവസം പോലും ആ പണി ചെയ്തിട്ടുണ്ട് ആ കൂന്താലിയും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ അവിടെ വൃത്തിയാക്കാം അത് ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കൈങ്കര്യം ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭഗവാന് ചെയ്യാം അർപ്പിക്കാം ദാസ്യവൃത്തി അപ്പൊ പ്രദക്ഷിണം കാലുകൊണ്ട് ഭഗവാനെ ദിവ്യക്ഷേത്രത്തിൽ പോയി പ്രദർശനം ചെയ്യണം പ്രദക്ഷിണം ചെയ്യണം കൈ കൊണ്ട് ഭഗവാനെ പൂജിക്കുക കരമപിച്ചത്തെ പൂജനവിധൂ അങ്ങനെ പൂജ ചെയ്യുന്ന കൈ കണ്ടാൽ കയ്യോട് ബഹുമാനം തോന്നും അത്രേ അയ ഹസ്തോ ഭഗവാനും എന്ന് വേദം തന്നെ പറയണം ഈ കൈ തന്നെ ഭഗവാനാണോ തോന്നും എന്നാണ് അയമേ ഭഗവത്തരാ ഭഗവാനും മേലെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ പുഷ്പമിടുന്നത് അഭിഷേകം ചെയ്യുമ്പോ ഇങ്ങനെയാണ് ഭഗവത് തര ഭഗവാനും മേലേനാണ് ആ ഹസ്തം കൊണ്ട് ഭഗവാനും പൂജിക്കണു കരമഭിജത്തെ കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യമൂർത്തിയെ കാണണം വേണ്ടാത്തത് കാണരുത് കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കണ്ണിറയെ കാണണം പ്രത്യേകിച്ച് പ്രഭാത സമയത്തില് ക്ഷേത്ര ദർശനം ചെയ്യണം ഭഗവാന്റെ ദിവ്യമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് നിർമാല്യം എന്ന് പറയണു അല്ലെ നമ്മളുടെ ഉള്ളിലുള്ളതാണ് നിർമാല്യം അവിടെയല്ല നമ്മളുടെ ഉള്ളിലുള്ള മലത്തിനെ കളയിലാണ് നിർമാല്യം അത് പുറമേക്ക് കാണുന്നു ഉള്ളൂ ഉള്ളിൽ അനേകം മലങ്ങളുണ്ട് മായാ മായയുടെ മലമാണ് രാഗം ദ്വേഷം കാമം ക്രോധമൊക്കെ അതേപോലെ പ്രാരബ്ധ കർമ്മത്തിന്റെ മലം അതേപോലെ അഹങ്കാരം എന്നുള്ള മലം ഈ മൂന്ന് മലങ്ങളാണ് മുഖ്യം മായാമലം കർമ്മമലം അഹങ്കാരം കൊണ്ടുള്ള മലം ഈ മലത്രയം ഉള്ളുന്നു നീക്കുന്നതാണ് യഥാർത്ഥ നിർമാല്യം ചിത്തശുദ്ധി അപ്പൊ ആ ചിത്തശുദ്ധിക്ക് പ്രഭാതത്തെ തന്നെ ഭഗവാന്റെ ദിവ്യക്ഷേത്രത്തിൽ ചെന്ന് ദർശിക്കാം ലോകേ നയനം അഥത്തെ പാദ തുളസി പരിഗ്രാണേ ഘ്രാണം മൂക്ക് എന്തിനാണെന്ന് വെച്ചാൽ സെന്റ് അടിച്ചിട്ട് മണക്കാനല്ല ചിലർക്ക് അങ്ങനെ ഒരു ഭൂതി ഉണ്ട് എത്ര വയസ്സായ അതൊക്കെ അടിച്ചിട്ട് വരും സത്സംഗത്തിൽ വരുമ്പോ പോലും എന്നിട്ടത് അതും ചേർന്ന് മാറും അപ്പോ പാദ തുളസി പരിഘ്രാണേ മണക്കാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ വീണ തുളസി എടുത്ത് മണക്കരിഘ്രാണേ ഘ്രാണും ശ്രവണമപിതേ ചാരുചരിതേ ചെവി എന്തിനാണെന്ന് വെച്ചാൽ ഭഗവത് കഥകളെ കേൾക്കാനായിട്ട് ചെവി കുളിരേ കഥകൾ കേൾക്കണം ചെവിക്ക് ആനന്ദമേർപ്പെടുക ഈ രണ്ട് ചെവികൾ ഭഗവാൻ തന്നിരിക്കണം ആ ചെവികളിലൂടെ ഹൃദയ ശരീരത്തിൽ മുഴുവൻ ആയിട്ട് നൂറ്റിയൊന്ന് നാടികളുണ്ട് അതിൽ ഒരു മുഖ്യമായ നാടി ഈ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് കടക്കണമെന്നാണ് ആ നാടി അടഞ്ഞു കിടക്കുകയാണ് ലൌകിക വർത്തമാനങ്ങൾ കേൾക്കും തോറും ഈ നാടി അടഞ്ഞുകൊണ്ടേയിരിക്കും അവസാനം വിഷയവാസനകളെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ലോകവർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഈ അമൃത ശരിക്കും അടയും അത് സത്സംഗം കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ഭഗവത് കഥകൾ കൊണ്ടും ശുദ്ധമായ വിഷയങ്ങളെ കേട്ട് കഴിയുമ്പോ ഈ നാടി തുറക്കും ചെവിയിലുള്ള ഈ നാടി അപ്പൊ ഈ ഭഗവത് കഥകള് യ കർണനാടീം പുരുഷസ് കർണത്തിലുള്ള ഈ നാടിയിലേക്ക് ഭഗവത് കഥകള് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നാടി കൊറേ കഴിയുമ്പോ ക്രമേണ തുറക്കുമ്പോ ഭവപ്രതാം ഗേഹരത്തിനത്തി സംസാരത്തിലേക്ക് പിടിച്ച് തള്ളിവിടുന്ന ഈ ലോകത്തിലുള്ള ആസക്തിയെ അത് വേരോട അറുത്തുകളയുന്നു ഈ കർണത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്ന കർണനാടി ആത്മനാടി തുറക്കപ്പെടും ഭഗവത് കഥകൾ കേട്ട് കേട്ട് കേട്ടു അപ്പൊ ഇങ്ങനെ ശരീരത്തിന് മുഴുവൻ ചെവി കൊണ്ട് ഭഗവത് കഥകളെ കേൾക്കാം മനസ്തേ പദാബ്ജെ നിവസതു വചസ്തോത്രപണിതവും കരൌച്യം ശ്രുതിരഭികർണ്ണനവിധവും തവ ധ്യാനേ ബുദ്ധിഹീനയുഗളം മൂർത്തി വിഭവേ പരഗ്രന്ഥർവാ പരമശിവജാനേ പരമത ശിവാനന്ദലഹരിയില് ഇതേപോലെ ശ്ലോകം മനസ്തേ പാദബ്ജെ നിവസു മനസ്സവിടുത്തെ പാചാരവിന്ദത്തില് രമിക്കട്ടെ വാക്കുകൊണ്ട് അവിടുത്തെ സ്തുതിക്കട്ടെ എല്ലാം വാണിഗുണാനു കഥനെ ശ്രവണ കഥായം ഹസ്തൗ ചർമ്മസു മനസ്തവയോർണ സ്മൃത്യാം ശിരസ്ത നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സതാ ദർശനേസ്തു ഭവത്തനൂനാം ഭാഗവതത്തില് എല്ലായിടത്തും ഭക്തന്മാർ ഒരേപോലെ പ്രാർത്ഥിക്കണം എന്താന്ന് വെച്ചാൽ എല്ലാരും മനസ്സിലാക്കണം ഒരു ഘട്ടം കഴിയുമ്പോ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ചതിക്കണം അതിന് ഭഗവാന് കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ശരീരം എന്തിനു കൊള്ളും സ്വഭോജനം നായ്ക്കൾക്കുള്ള ആഹാരമാണ് അത്ര ഭാഗവതത്തില് കശ്യപ്രജാപതി പറയുന്നുണ്ട് ദിദിയോട് പറയണു സന്ധ്യാസമയത്ത് ദിതിക്ക് വേണ്ടാത്ത ബുദ്ധി തോന്നിയപ്പോ കശ്യപ പ്രജാപതി പറഞ്ഞു ദിദിയോട് നോക്കുക അതാ പോണത് കണ്ടല്ലേ ആരാ പോണത് ഋഷഭാരൂഢനായിട്ട് മേലെ മുഴുവൻ ശ്മശാനത്തിലുള്ള ഭൂതിപൂശി ആനയുടെ തോൽ കൊടുത്ത് ഉടുക്കും കൊട്ടി ഭൂതഗണങ്ങളുടെ കൂടെ പോണു ഒരാള് ഉന്മാദം പിടിച്ച ആള് ഒരു ഭ്രാന്തൻ ഏ ഭ്രാന്തനോ സാക്ഷാത് ശ്രീപരമേശ്വരൻ അല്ലേ പോണത് അതേ ഉന്മാദനാഥൻ ഉന്മത്തശേഖരൻ എന്നാണ് ഭഗവാന്റെ പേര് കുറെ ലോകത്തിൽ എവിടെയൊക്കെ ഭ്രാന്തന്മാരുണ്ടോ അവരെയൊക്കെ പിടിച്ചു തൻ്റെ കൂട്ടത്തില് ചേർക്കു അത്ര അദ്ദേഹം ഭക്തന്മാരൊക്കെ ഭ്രാന്തന്മാരാണ് അവരെയൊക്കെ പിടിച്ച് കൂട്ടത്തില് ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളിതാ പോണു ഏ അദ്ദേഹം എന്തിനാ ഈ ശ്മശാനത്തിൽ ഭൂതി ഒക്കെ പൂശി സുന്ദരമായ ശരീരമാണ് സ്വർണവർണത്തിലുള്ള ശരീരം തപ്തഹേമ നിഗായാഭം എന്നാണ് ഭാഗവതത്തില് ഈ പ്രജയതകൾക്ക് രുദ്രൻ ദർശനം കൊടുക്കുമ്പോൾ ശിവന്റെ രൂപത്തിനെ ചിലയിടത്തൊക്കെ നീല നിറത്തിൽ ശിവനെ വരച്ചു വെച്ചിട്ടുണ്ട് ശിവന്റെ വർണ്ണം സ്വർണ നിറം തങ്കം പോലെ മിന്നുന്ന മേനി ആ ശരീരത്തിലെ ശ്മശാനത്തിലെ ഭൂതിയും പൂശി ആനയുടെ തോലും ചുറ്റി ഒക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ വിപരീത ഭാവത്തോടു കൂടെ നടക്കണമല്ലോ എന്താ വെച്ച് ദിതി ചോദിക്കുമ്പോ കശ്യവ പ്രജാപതി പറയാണ് നമ്മളെ കണ്ട് ഭഗവാൻ പരിഹസിക്കുകയാണ് നമ്മൾ പരിഹസിക്കുകയാണ് എന്തിനാ പരിഹസിക്കുന്നത് നീ കണ്ടില്ലേ ഇതാ ഈ ശരീരത്തിനോടുള്ള അഭിമാനം ശരീരത്തിനോടുള്ള ആസക്തി വേണ്ടാത്തരം തോന്നണ കണ്ടില്ലേ ഈ ശരീരം എന്താണറിയോ ഇത് ശാശ്വതമായ വസ്തുവല്ല ഇത് ഡോഗ് ഫുഡാണ് ശോജനം നായക്കുള്ള ആഹാരം നായ നാളെ കടിച്ചു വലിക്കാൻ പോണു എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചിട്ടാ കടിച്ചു വലിക്കുന്ന ഈ ശരീരം ആത്മതയോ പലാളിതം ഇതിനെ ആത്മാവെന്ന് കരുതുന്നതിനേക്കാളും വിഡിത്തം എന്തുകൊണ്ട് ഒരു സുഭാഷിതത്തില് പറഞ്ഞു നായയുടെ ആഹാരം എന്ന് പോലും പറയാൻ പാടില്ല അത്രേ നായികള് പോലും കടിക്കില്ല എന്നാണ് എന്താന്ന് വെച്ചാ ഒരിടത്ത് കിടന്നു ഈ ശരീരമേ ഒരാള് വലിയ പണക്കാരൻ അറുപിശുക്കൻ കാട്ടിലൂടെ പോവുകയാണ് പോകുമ്പോ കുറെ കുറുക്കന്മാര് വരണം അപ്പൊ ഇയാളെന്തു വിചാരിച്ചു ഏതോ കഥയിൽ കേട്ടിട്ടുണ്ട് ജഡം പോലെ കിടന്നാൽ കുറുക്കന്മാര് കടിക്കില്ലാന്നാണ് അപ്പൊ കയ്യും കാലുമൊക്കെ നിവൃത്തിപ്പിടിച്ച് ജഡം പോലെ കിടന്നു കുറുക്കന്മാരൊക്കെ കുറുക്കന്മാരും തള്ളക്കുറുക്കനും അടുത്തു വന്നു തന്നു അപ്പൊ ഈ തള്ളക്കുറുക്കനോട് കുറുക്ക കുട്ടികളൊക്കെ ചോദിച്ചു അമ്മേ കടിച്ചോട്ടേ ഓരോ ഭാഗമായിട്ട് ചോദിക്കുക നല്ല കൈ നല്ല വെണ്ണത്തിലുള്ള കൈ തിന്നിട്ട് കൊഴുത്തിരിക്കാണ് കയ്യിൽ കടിച്ചോട്ടേന്ന് ചോദിച്ചു അമ്മ കുറുക്കം പറഞ്ഞു തൊട്ടുപോകരുത് ആ കൈ കടിച്ചാൽ നമുക്ക് മഹാ അപകടമാണ് ഹസ്തൂ ദാന വിഭർജിതവും ആ കൈ കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല എച്ചില് കൈ കൊണ്ട് കാക്കയെ പോലും ഓടിക്കില്ലാന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഒരു വെറ്റങ്ങട് പറന്നുപോയല്ലേ വീണാ കാക്ക കൊണ്ടുപോകില്ലേ ഹസ്തൂ ദാനവിഭർജിതവും ചെവിയുടെ അടുത്ത് നിൽക്കുന്ന കുറുക്കം ചോദിച്ചു അമ്മേ ചെവി കടിച്ചോട്ടെ വേണ്ട വേണ്ട സരസ്വതീദേവിക്ക് ഇത്ര കണ്ട് ദ്രോഹം ചെയ്തിട്ടുള്ള വേറെ ഒരു സാധനമില്ല ശ്രുതിപുട്ടവും സാരസ്വതദ്രോഹിണവും നല്ല വിഷയങ്ങളൊന്നും കേട്ടിട്ടില്ല ഭഗവത് കഥകളൊന്നും കേട്ടിട്ടില്ല ശ്രുതിപുട്ടവും സാരസ്വതോഹിണവും കണ്ണ് കടിച്ചോട്ടെ അയാൾ കഥയുള്ളൂ കണ്ണ് കടി നേത്രേ സജ്ജനലോകനേനഹിതേ ഈ കണ്ണുകൊണ്ട് സജ്ജനങ്ങളെ കണ്ടിട്ടേയില്ല കാല ഇടുപ്പിന് ചുവട്ടിൽ നല്ല വണ്ണം തൊടയും മുട്ടും ഒക്കെ ആയിട്ടിങ്ങനെ വണ്ണം കൂടി കിടക്കണു കാല രണ്ടു കാലുകൾ കടിച്ചോട്ടെ പാദൌന തീർത്ഥ ഒരു തീർത്ഥക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ടായി കാല് കടിക്കരുത് പിന്നെയാണ് മുഖ്യമായ അംഗം വയറ് നല്ല കുടവയറുണ്ട് കടിച്ചോട്ടേന്ന് ചോദിച്ചു കുറുക്ക് അയ്യോ അടുത്തുകൂടെ പോകരുത് മഹാപാപം അന്യായാർജിത വിത്തപൂർണ മുതരം അന്യായമായി ആർജിച്ച് നിറച്ചുവെച്ചതാണ് ഈ വയറ് ഗർവേണ തുങ്കം ശിരഹ അഹങ്കാരം കൊണ്ട് പൊന്തിയ ശിരസ് രേ രേ ജമ്പു കൂഞ്ച സുനിന്ദ്യം വപൂ നിന്ദ്യമായ ഈ ശരീരത്തിനെ വിട്ടുകളയാ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അത്രേ കുറുക്കന്മാര് പോലും വിട്ടിട്ട് പോയി നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി വേണ്ടത്ര അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരം ഭഗവാനെ അർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളും അതുകൊണ്ട് ഈ ശരീരത്തിന് കാല് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം കൈകൊണ്ട് പൂജിക്കണം ഭവൻമൂർത്തിയാലോകെ നയണം കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യമൂർത്തിയെ കാണണം കാണുമ്പോ അക്ഷണ്മതാം ഫലമിതം ഈ കണ്ണിന് ഒരേ ഒരു പ്രയോജനം ഭഗവാന്റെ ദിവ്യരൂപം കാണാം പാതതുളസീ പരിഘ്രാണേ ഗ്രാണം ശ്രവണമ പി ചാരുചരിതേ പക്ഷെ എനിക്കിതൊന്നും പറ്റണില്ലല്ലോ എന്നാണ് ഭട്ടദരിയുടെ ദുഃഖം പ്രഭൂദാദിവ്യാധിപ്രസവചലിതേ മാമകഹൃതി ത്ീയം തദ്ൂപം പരമരസിദ്രൂപമുദിയ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹു യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാഹാതീശലും പരഞ്ചോപി സുഖിന അസൂയാണ് നമ്മളെപ്പോലെ തന്നെ പറയണു രക്ഷത്രി പറയു ഗുരുവായൂരപ്പ വേണ്ടാത്തരം ഗുരുവായൂരപ്പ അത് അവരും ഒക്കെ കണ്ടില്ലേ എത്ര സുഖമായിട്ടിരിക്കണം ഒരിക്കൽ പോലും അമ്പലത്തിലേക്ക് വരണില്ല നാമം ജപിക്കണില്ല നമ്മൾ വർത്തമാനം പറയണ പോലെ തന്നെ ഭഗവാനോട് പറയുകയാണ് പരാഞ്ച അങ്ങേ തിരിഞ്ഞു നോക്കണില്ല അമ്പലത്തിലേക്ക് വരണില്ല ഭഗവാനെ ജപിക്കണില്ല സങ്കീർത്തനം ചെയ്യണില്ല എന്നിട്ടോ ദാ തടിച്ചു കൊഴുത്ത ആരോഗ്യത്തോടെ സൗഖ്യമായിട്ടിരിക്കണം പരാഞ്ചോപി സുഖിനത് സ്നേഹി സോഹം ഞാനോ അവിടുത്തെ സ്നേഹിക്കുന്ന ആള് ഭക്തൻ സുബഹുപരിതപ്പിയെ തപിക്കണു ഇങ്ങനെ വ്യാധി വന്നിട്ട് ഇതെങ്ങനെയാണ് ഇതെങ്ങനെ ശരിയാവും എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ വ്യാധി വന്ന് കഷ്ടപ്പെട്ട് മരിച്ചുപോകും പക്ഷെ നാളെ നാല് ആളുകൾ നാമം ജപിക്കാൻ കിട്ടില്ല എല്ലാരും പറയും എന്താ ആ ഭട്ടതിരി സുഖക്കേട് പിടിച്ച് ഗുരുവായൂരപ്പം ഗുരുവായൂരപ്പം പറഞ്ഞു ഒരു പ്രയോജനമില്ലാതെ മരിച്ചുപോയി എന്ന് പറയും അപ്പൊ അകീർത്തിഹീത്തേ മാഭൂത് അങ്ങക്ക് പേരുദൂഷ്യം വരണം എന്നുണ്ടെങ്കിൽ എന്ത് ആയിക്കോട്ടെ അങ്ങക്ക് പേരുദൂഷ്യം വരണ്ട എന്നുണ്ടെങ്കിൽ വേഗം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അകീർത്തി വരത ഗതഭാരം പ്രശമയൻ ഭവത്ഭക്തോത്തംസം ഝടിതി കുരുമാം കംസമതനാ കംസനെ വധിച്ച ഈ വ്യാധിയെ നീക്കി എന്നെ ഭക്തന്മാരുടെ ശ്രേണിയിൽ ഉത്തമനാക്കി തീർക്കണം വ്യാധി മാറിയിട്ടില്ലെങ്കിലും ഭക്തിയുടെ രസാനുഭവത്തിൽ ശരീരത്തിനെ വിസ്മര്യാസം ശരീരത്തിനെ മറന്നിരിക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് തരണം അല്ലെങ്കിൽ വ്യാധിയെ മാറ്റിയും തരണം പേരുദൂഷ്യം വരുത്തരുത് നാളെ ഗുരുവായൂർക്ക് ആരും വരാതെ ആവരുത് ഭഗവാനൊക്കെ ആളെ പിടിക്കണമെങ്കിൽ ഭക്തം വരണതൊക്കെ കേട്ടോളന്നാണ് എനിക്ക് ഈ രോഗം മാറ്റി തന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ അങ്ങക്ക് പേരുദൂഷ്യം വരും ഭഗവാൻ രമണ മഹർഷി വേറെ വിധത്തിൽ പറയുന്നുണ്ട് മറ്റതിരി ഇവിടെ വ്യാധിയെക്കുറിച്ച് മഹർഷി ഈ ജീവന്റെ ഗതി സർവസംഗപരിത്യാഗിയായി എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പരിപൂർണത്വത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥ അതായത് ആത്തന്നു വിട്ടു അമ്മാട്ട് എത്തിയോ ഇല്ല എന്നുള്ള മട്ട് അപ്പോ ലോകത്തിലോട്ട് പോണില്ല പരിപൂർണമായ ആത്മാനുഭവം ഏർപ്പെട്ടൂ ഇല്ല എന്ന് നിൽക്കുമ്പോ അതിനെ ഉപമിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്ന് കല്യാണം കഴിക്കാതെ തെരുവിലും നിർത്തിയ പോലെയാണ് ഏന അഴിത്തിപ്പോതനെ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചല അഖിലം പഴിത്തിടും എന്നാണ് ലോകം മുഴുവൻ അങ്ങേ പഴിക്കും ഒരാളെ ഭക്തൻ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നിട്ട് ഭക്തിയുടെ പരമാകാഷ്ടയിലും എത്തിക്കാതെ പകുതിയിൽ നിർത്തിയാണ് അങ്ങേ ലോകത്തിലുള്ളവർ മുഴുവൻ പഴിക്കും ഈ പഴി ഇല്ലാതാവണമെങ്കിൽ ഇപ്പഴി തപ്പ് ഉനയെ നനയിപ്പിത്തായി ഈ പഴിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് പരിപൂർണ അനുഭവം തരാം അല്ലെങ്കിൽ അങ്ങ് എന്തിനാ എന്നെ കൊണ്ട് സ്മരിപ്പിച്ചു അങ്ങയെ സ്മരിക്കാൻ വെച്ചത് അങ്ങ് തന്നെയല്ലേ അങ്ങയുടെ സ്മരണ എന്നുള്ളിൽ ഉണ്ടാക്കിയത് അങ്ങ് തന്നെയല്ലേ ഈ സ്മരണയെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്നെ പകുതിയിൽ വിട്ടാൽ അങ്ങനെ പേരു ദൂഷ്യം വരും സൂക്ഷിച്ചോളാം നാട്ടിലുള്ളവർ മുഴുവൻ അങ്ങേ കുറ്റം പറയും സൂക്ഷിച്ചോളാം അകീർത്തി എന്റെ വ്യാധി മാറ്റി ഭക്തോത്തം സം ഭക്തന്മാരിൽ അലങ്കാരമായി ചൂടാമണിയാക്കി എന്നെ തീർക്കണം എനിക്ക് ഭക്തി തരണം എന്റെ ഹൃദയത്തിൽ അവിടുന്ന് വന്നിരിക്കണം ഭക്തിയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് കിമുക്തൈർഭൂയോത്തവ ഹി കരുണായാവതുയാ അഹം താവ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരതവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം അതിനുതിനിഷേവാ വിരചയൻ പണ്ടൊക്കെ ഉണ്ടേ ബ്രാഹ്മണര് കടം കൊടുത്താൽ ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യും അത്രേ കടം കൊടുത്ത ആള് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കഷ്ടകാലം വന്നാൽ അവരുടെ വീട്ടിനുമാർത്ത് പോയി ഊണ് കഴിക്കാതെ ഇരിക്കും ബ്രാഹ്മണൻ ഊണ് കഴിക്കാതെ ഇരുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും ഇവരുടെ സകല പുണ്യവും ക്ഷയിച്ച് പോകും തോണം അപ്പൊ ഈ പേടിച്ചിട്ട് വേഗം തിരിച്ചു കൊടുക്കും അത്ര അപ്പൊ അതാണ് പ്രായോപവേഷം എന്ന് പറയാ വീട്ടിൽ ചെന്നിട്ട് പ്രായോപവേഷായിട്ടിരിക്കുക അതുപോലെ ഇപ്പൊ ഭട്ടവരി പറയാണ് അങ് ഇനിയിപ്പോ ഈ ഭക്തി എനിക്ക് അനുഭവം തന്നിട്ടില്ലെങ്കിൽ ബ്രാഹ്മണനാണല്ലോ ഗുരുവായൂരപ്പന് കഷ്ടകാലം ഗുരുവായൂരപ്പനോട് പറയാ കിമുക്ത ഇനി വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാനിതാ ഇങ്ങനെ വളുവളു വളുവളു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വിവിധാർത്ഥ പ്രലഭിത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങയുടെ കരുണ ഉദിക്കുന്നവരെ നമസ്കാരം സ്തവം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധാർത്ഥ പ്രലഭിത പല പ്രലപനങ്ങളും ജൽപ്പനങ്ങളും ചെയ്തുകൊണ്ട് ഞാനിവിടെ ഇരിക്കും എന്നെ കൊണ്ടാവുന്നത്ര കുറച്ച് ജപിക്കും നമസ്കരിക്കും സദ്ഗ്രന്ഥക്കെ പാരായായണമൊക്കെ ചെയ്യും അങ്ങയുടെ കാരുണ്യം എപ്പോ വരുമോ അതിനെ കാത്തുകൊണ്ടിരിക്കും ഹംസപക്ഷി മാനസസരസിനെ കാത്തിരിക്കുന്ന പോലെ ചന്ദ്രത്തിനെ ചകോരപക്ഷി കാത്തിരിക്കുന്ന പോലെ മേഘത്തിനെ ചാതകം കാത്തിരിക്കുന്ന പോലെ ഞാൻ കാത്തിരിക്കും ഹംസപ്പത്മവനം സമിച്ചീലുതം ചാതക കോക കോകനദ പ്രിം പ്രതിദിനം ചന്ദ്രം ചകോരസ്ത ചേ വഞ്ചതി മാമകം പശുപത്തെ ചിന്മാർഗമൃഗ്യം വിഭോ ഗൗരീനാഥഭവത് പദാബ്ജയുഗണം കൈവല്യ സൗഖ്യപ്രദം ചിത്തമങ്ങനെ ഭഗവാന്റെ അനുഭൂതിക്കായി അങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണവിടെ പറഞ്ഞത് യഥാശക്തി വ്യക്തം നുതി നിഷേവാ വിരചയന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അനുഷ്ഠിക്കും എന്താ അനുഷ്ഠിക്ക ആ യോഗ പദ്ധതികളാണ് അടുത്ത ദശകത്തില് പറയണത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം